അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിലായിരുന്നു ഞാനെന്നും അവനിൽ നിന്നുള്ള കാരുണ്യവും അവൻ എനിക്ക് നൽകിയിട്ടുണ്ടെന്നും നിങ്ങൾ കാണുന്നില്ലേ ഞാൻ അവനെ ധിഖരിച്ചാൽ അള്ളാഹുസുബാനഹുവ താഴെക്കെതിരെ ആരെന്നെ സഹായിക്കും നിങ്ങളെനിക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല